നിന്റെ രക്ഷിതാ പറയുന്നു രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തേക്കാൾ കുറഞ്ഞ സമയവും അതിന്റെ പകുതിയും മൂന്നിലൊന്നും നീ എഴുന്നേൽക്കുന്നുണ്ടെന്ന് നിന്നോടൊപ്പമുള്ള ഒരു വിഭാഗവും അങ്ങനെ ചെയ്യുന്നു രാത്രിയെയും പകലിനെയും അള്ളാഹുസുബാനഹൂവത്ത ആല ക്രമീകരിച്ചിരിക്കുന്നു നിങ്ങൾക്കത് എണ്ണാൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞു അതിനാൽ അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകി അതിനാൽ ഖുർആാനിൽ നിന്ന് നിങ്ങൾക്കെളുപ്പമുള്ളത് പാരായണം ചെയ്യുക നിങ്ങളിൽ രോഗികളുണ്ടാകുമെന്നും ഒ ലോഹുവിന്റെ സുബഹാനുഹൂവത്തായാല അനുഗ്രഹം തേടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ ഉണ്ടാകുമെന്നും അല്ലാഹുവിന്റെ സുഭഹാനുഭൂവറ്റായാലാ മാർഗ്ഗത്തിൽ പോരാടുന്നവർ ഉണ്ടാകുമെന്നും അവൻ അറിഞ്ഞിരിക്കുന്നു അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ളത് പാരായണം ചെയ്യുക നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക അല്ലാഹു സുബഹാനുഹൂവത്തായാലാക്കു ഉത്തമമായ കടം നൽകുകയും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന ഏതൊരു നന്മയും അല്ലാഹു സുബഹാനുഹൂവറ്റായാലാവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തും അത് ഏറ്റവും ഉത്തമവും വലിയ പ്രതിഫലമുള്ളതുമായിരിക്കും നിങ്ങൾ അള്ളാഹുസുബഹാനഹുവ ടായാലായോട് പാപമോചനം തേടുക തീർച്ചയായും അള്ളാഹു സുബഹാനഹുവ തായ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്